I love you. I love you. I bless you. I bless you. I will be here. I will be here. Jesus. I will be here. ചേസാമീതി പറയുന്നേകത്വം ആത്മീകത്വപക്ഷ അതിന് തത്വമായി സിദ്ധാന്തമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ആത്മീകത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതാണ് പരമാർത്ഥമെങ്കിൽ സിദ്ധാന്തങ്ങൾ പലതും പറയാം പലതരത്തിലുള്ള തത്വചിന്തകളുണ്ട് പക്ഷേ പറയുന്ന ചിന്തയെ പരമാർത്ഥമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആത്മീകത്വപക്ഷമെന്ന് പറയുന്നു അത് പരമാർത്ഥമാണെങ്കിൽ പിന്നെ ഇവിടെ ബന്ധമില്ല നിരസനീയ ബന്ധ ഭവ പിന്നെ ശാസ്ത്രപ്രണയം ശാസ്ത്രമുണ്ടാക്കുന്നതൊക്കെ വ്യർത്ഥമാണ് ഇതാണ് സംഘ്യന്മാര് പറഞ്ഞതിനാണ് സമാധാനം പറഞ്ഞത് സീ ശാസ്ത്രാസ്ത്രണയം അനർഥകം വികല്പന സാഹിത്മീകി സേ ഏവം വികല്പന ഏവനുപന്ന പറയുന്നു അത് ആത്മേകത്വം എന്ന് പറയുന്നു നിങ്ങൾ അദ്വിതം എന്ന് പറയുന്നത് അതൊരാൾ ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണോ ഒരാൾ അതിനെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണോ അതിനെ ഉൾക്കൊണ്ടിട്ട് ചോദ്യം ചോദിക്കും അവനെ ചോദ്യം ചോദിക്കും ആത്മീകത്വത്തെ ബോധിച്ചിട്ടും പറയാം ചോദ്യങ്ങൾ വരാം അപ്പോ ഇവിടെ പൂർവപക്ഷി എന്ന് പറയുന്ന ആള് ആ അദ്വൈതം എന്ന് പറയുന്ന ആശയത്തെ ഗ്രഹിക്കാൻ വിസമ്മതിക്കുന്ന ആളാണ് അതെങ്ങനെ ശരിയാകുമെന്ന് ചോദ്യം ചോദിക്കുന്ന ആളാണ് അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് ശരിയായ മനനത്തിലൂടെ അത്തരം ആ പറയുന്ന കാര്യത്തിൽ ശ്രദ്ധയോടുകൂടി അത് ആവശ്യമാണല്ലോ നിഷേധിക്കുന്നതിന് ശ്രദ്ധയുടെ ആവശ്യമില്ല ഉൾക്കൊള്ളുന്നതിനാണ് ശ്രദ്ധയുടെ ആവശ്യം എന്ത് പറഞ്ഞാലും നിഷേധിക്കാം ഓ അത് ശരിയല്ല എന്നു പക്ഷെ അതിന് ശ്രദ്ധയോടുകൂടി അത് ഗ്രഹിക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്കത് ബോധ്യപ്പെടുന്നു ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എങ്കിൽ എന്നൊരു ചോദ്യം അവിടെ വരത്തില്ല അത് ഗ്രഹിക്കുന്നൊരു ചോദ്യം വരാം അപ്പൊ അത് ഗ്രഹിച്ചവനെ സംബന്ധിച്ചിടത്തോളം കാരണം ബോധത്തിന്റെ വിശേഷത എന്താണ് ആത്മീയത്വത്തെ സംബന്ധിച്ചല്ലോ എവിടെയാണോ നിശ്ചയാത്മകമായ ഒരു ബോധം വരുന്നത് ഏതു വിഷയത്തെ സംബന്ധിച്ചതാണ് എന്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു എനിക്ക് ഇത് പുസ്തകമാണ് എന്നുള്ള വ്യക്തമായ ബോധമുണ്ട് ദൃഢമായ ബോധമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇതിനെ സംബന്ധിച്ച് ഉണ്ടാകാമായിരുന്ന മറ്റ് ബോധങ്ങളെല്ലാം അത് ഒരു ഭ്രാന്തി അല്ലെങ്കിൽ ഒരു വികല്പം അതാണ് ചോദ്യം വികല്പാണ് നമ്മൾ സാധാരണ ചോദ്യം എന്ന് പറയും അതിനെയല്ലാതെ ബാധിക്കുകയാണ് അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായത് എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരിക്കുന്ന പുസ്തകമാണോ അങ്ങനൊരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംശയത്തിനവിടെ അവസാനം വന്നുകഴിഞ്ഞു എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ശരിക്കും പ്രവർത്തിച്ച് ഞാൻ ഉണർന്നിരിക്കുകയാണ് എനിക്ക് ബോധം വന്നുകഴിഞ്ഞത് പുസ്തകമാണ് പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ മറ്റെന്തെങ്കിലും ആണോ തോന്നിയിരിക്കാം ഭ്രാന്തി അത് ഉണ്ടായാലും ശരി ഉണ്ടായില്ലെങ്കിലും തരത്തിൽ ഇത് പുസ്തകമാണെന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അതിനെ പറയും അത് വ്യക്തമായ ജ്ഞാനമാണ് ദൃഢമായ ജ്ഞാനമാണ് ഇത് ബാഹ്യമായ വിഷയത്തെ സംബന്ധിച്ച് ഇത് ഇവിടെ ഉപദേശിക്കുന്നത് എന്താണ് അങ്ങനെ ബാഹ്യമായ ഒരു വിഷയത്തെ കുറിച്ചുണ്ട് ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടാകേണ്ട ഒരു ജ്ഞാനത്തെക്കുറിച്ചുണ്ട് ഇവിടെ ബോധിപ്പിക്കുന്നത് പരമാർത്ഥത്തെക്കുറിച്ചാണ് ആ പരമാർത്ഥം എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണ് പ്രപഞ്ചത്തിന്റെ സ്വരൂപമാണ് അങ്ങനെയൊരു ബോധം ഒരാളിൽ ഉണ്ടാകുമ്പോൾ ആ ബോധവും ഇതുപോലെ തന്നെ അവിടെ സംഭവിക്കാവുന്ന വികല്പങ്ങളും ഭ്രാന്തിയും എല്ലാം ബാധിച്ചിട്ട് അതിനെ നിരാകരിച്ചിട്ട് ആണ് ആ ബോധം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ഒരു ബോധത്തിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്നുള്ള ആ വികല്പ അത് വരത്തില്ല ശാസ്ത്രസീയ പ്രണയനം അനർഥകം സാർത്ഥകം വാദി വികല്പന അങ്ങനെയൊരു അത് മഹ്യാത്മീകത്വേ ആത്മീകത്വത്തിൽ എന്താണ് അങ്ങനെയൊരു അതുണ്ടാകുന്നില്ല ഇതിന്നതാണ് വസ്തു എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റൊന്നാകാമോ എന്നുള്ളൊരു ചോദ്യം അവിടെ വരാനവസരമില്ലല്ലോ അതുപോലെ തന്നെ കുറിച്ച് അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ തന്നെ കുറിച്ച് എന്തുകൊണ്ടങ്ങനെ ബോധിക്കേണ്ടി വരുന്നു തൻ പരമാർത്ഥ വസ്തുവാണ് പ്രപഞ്ചം പരമാർത്ഥ വസ്തുവാണെങ്കിൽ പിന്നെ അങ്ങനെ എന്തുകൊണ്ട് ബോധിക്കേണ്ടി വരുന്നു കാരണം അത് പരമാർത്ഥം അങ്ങനെയാണെങ്കിലും തന്നിൽ വിപരീത ബുദ്ധി ഉറച്ചിരിക്കുന്നു ദേഹാത്മബുദ്ധി ഉറച്ചിരിക്കുന്നു പ്രപഞ്ചത്തിൽ സത്യത്തിൽ ബുദ്ധി ഉറച്ചിരിക്കുന്നു വിപരീത ബുദ്ധിയുണ്ട് വികല്പങ്ങൾ അവിടെയുണ്ട് അപ്പം ഇങ്ങനെ ഒരു ബോധത്തിൻ്റെ ആവശ്യം വന്നു ഇവിടെ ആ ഒരു ബോധത്തിൽ പിന്നെ അത് ദൃഢമാണ് നിശ്ചിതമായ ജ്ഞാനമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ വികല്പങ്ങൾ വരുന്നില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പരമാർത്ഥം എന്തു ആയിക്കൊള്ളട്ടെ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് ഈ ബോധത്തിൻ്റെ വ്യക്തത എന്ന് പറയുന്ന പരമാർത്ഥം എങ്ങനെ ആയിക്കൊള്ളട്ടെ കാരണം അറിവ് പലതരത്തിലുണ്ട് അദ്വൈതമെന്നുള്ള അറിവുണ്ട് അദ്വൈതമെന്നുള്ള അറിവുണ്ട് അപ്പം അറിവ് ഏതരത്തിലും ആകാം പരമാർത്ഥം അതുപോലെ എന്തോ ആയിക്കൊള്ളി പക്ഷെ ഇവിടെ പ്രാധാന്യത്തിന്തിനാണ് ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ആ ബോധം എങ്ങനെയായിരിക്കണം അത് ഇത്തരം വികല്പങ്ങൾക്കൊന്നും അവസരം കൊടുക്കാത്തായിരിക്കും ആ ബോധത്തിൽ അങ്ങനെയാണെങ്കിൽ എന്ന് ഒരു ചോദ്യം ഉയർന്നു വരാൻ പാടില്ല അക്കാര്യത്തിൽ സംശയമില്ല അഭ്യുഖതെ ആത്മീയത്വേ അതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയാത്മകമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ശരി അങ്ങനെ ആ ബോധം എന്ന് പറഞ്ഞാൽ ആ ബോധം അത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് അത് നിശ്ചയാത്മകമായ ബോധമാണ് ഇതിൽ ഇനി ആരാ തീർപ്പ് കൽപ്പിക്കുന്നത് കാരണം നമുക്കൊരു അറിവുണ്ടാകുന്നു അറിവ് ശരിയാണെന്ന് വിചാരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ അറിവ് മാറിപ്പോകുന്നതാണ് ലോകത്തിൻ്റെ അനുഭവം ഒരു അറിവുണ്ടാകുന്നു കുറച്ച് കഴിയുമ്പോൾ അതിന് സംശയം വരുന്നു ഒരറിവുണ്ടാകുന്നു കുറച്ച് കഴിയുമ്പോൾ തിരിച്ചറിയുന്നു അറിവ് അത് ഭ്രാന്തിയായിരുന്നു അപ്പോ നിങ്ങളീ പറയുന്ന ആത്മീയത്വബോധം അത് സ്വീകരിച്ചു വന്നു തന്നെ ഇരുന്നോട്ടെ അത് ആത്യന്തികമാവണമെന്നുണ്ടോ വീണ്ടും അതൊരു ഭ്രാന്തി ആയിക്കൂടെ അപ്പോ അതിൻ്റെ ഒരു വ്യവസ്ഥിതി അറിവ് ആത്യന്തികമായ ജ്ഞാനമാണത് അത് സംശയം കീഴ്പ്പെടുത്താത്ത ജ്ഞാനമാണ് ഭ്രാന്തിയെ നശിപ്പിക്കുന്ന ജ്ഞാനമാണെന്നെല്ലാം ഒരു അറിവിനെ സംബന്ധിച്ച് എങ്ങനെ തീരുമാനിക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ഇത് ഞാൻ പുസ്തകമാണെന്ന് അറിഞ്ഞു എൻ്റെ ഈ അറിവ് ഭ്രാന്തി അല്ല എന്ന് ഞാനങ്ങനെ തീരുമാനിക്കും കാരണം അങ്ങനെ എൻ്റെ ഒരു അറിവിൽ എനിക്ക് അവിശ്വാസം വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിത വ്യവഹാരം തന്നെ അപ്പോൾ അവിടെ നിശ്ചയിക്കേണ്ടി ഈ അറിവ് ഇത് യഥാർത്ഥമാണോ അതുകൊണ്ടാണ് അറിവിനെ രണ്ടായിത്തിരിക്കുന്നത് യഥാർത്ഥമായ അറിവ് അയഥാർത്ഥമായ അറിവ് അങ്ങനെ രണ്ടായിത്തിരിക്കുന്നു അങ്ങനെ അറിവിനെ രണ്ടായി തിരിച്ചുകൊണ്ടാണ് നമ്മുടെ വ്യവഹാരം മുമ്പോട്ട് പോകുന്നത് ദൈനംദിന വ്യവഹാരം ഇതിന് ഇത് യഥാർത്ഥമായ അറിവാണെന്നറിഞ്ഞിട്ട് ആ അറിവിനനുസരിച്ച് ഉള്ള പ്രവൃത്തികളേർപ്പെടും മറ്റെന്തിനെ തിരിച്ചറിയുന്നത് ആയഥാർത്ഥമാണ് എന്നിട്ട് അതിനനുസരിച്ച് ഉള്ള പ്രവൃത്തികൾ മുത്തുച്ചിപ്പി ആ ചിപ്പിയെ മുത്തായി കണ്ട് ഒരാൾ അയാളത് ആയഥാർത്ഥമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നെ അവിടെ മുത്തിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു പക്ഷെ അയാൾ ശരിക്കും മുത്തിനെ കണ്ട് അത് മുത്താണെന്നറിഞ്ഞ് അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ഇത്തരത്തിൽ യഥാർത്ഥ യഥാർത്ഥ ജ്ഞാനങ്ങളെ വേർതിരിച്ചറിഞ്ഞിട്ടാണ് പ്രവൃത്തികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ജ്ഞാനം യഥാർത്ഥമാണ് എന്നെങ്ങനെ അറിയും എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കുന്നത് സ്ഥാനഗതി നമ്മൾ അതെങ്ങനെ നിശ്ചയിക്കുന്നു നമ്മൾ ചിന്തിക്കാറില്ല ആ ഇത് യഥാർത്ഥമാണെന്ന് നമ്മൾ ധരിക്കുന്നു ഞാനിത് കൊസ്തവമാണെന്നറിഞ്ഞു അത് ശരിയാണെൻ്റെ അറിവ് തെറ്റിയിട്ടില്ല എന്തുകൊണ്ട് എനിക്കങ്ങനെ ധരിക്കാൻ കഴിഞ്ഞു അതിനെ പറഞ്ഞത് പ്രമാണാർത്ഥ അഭ്യൂഹതോ ഭവത ഇത് Lutheran, them, ീ ജ്ഞാനം എന്നു പറയുന്നത് പ്രമാണജന്യമാണ് അതുകൊണ്ട് പ്രത്യക്ഷ പ്രമാണം പ്രത്യക്ഷമായി ഇത് ഗ്രഹിച്ചതുകൊണ്ടാണ് ഇത് ശരിയാണെന്ന് ഉറപ്പിച്ചത് കാരണം ഇത് പ്രത്യക്ഷമാണെന്ന് ഗ്രഹിക്കുന്നതിന് എന്റെ കണ്ണ് അതിൽ തിമിര ദോഷങ്ങളൊന്നുമില്ല ഇവിടെ വെളിച്ചം എന്റെ മനസ്സിന്റെ സാന്നിധ്യം എല്ലാ ഒത്തു വന്നു ഇതിന പ്രമാണപ്രവൃത്തിനത്തിന്റെ തത്വജ്ഞാനം ഒന്നല്ല ഏതൊരു ജ്ഞാനത്തിന്റെയും പ്രാമാണികത എന്ന് പറയുന്നത് അത് വലിയ ഒരു ചർച്ചയുടെ വിഷയമാണ് സ്വതപ്രമാണം ഭരതപ്രമാണം എന്ന് പറഞ്ഞൊരു ചർച്ച ശാസ്ത്രങ്ങളിലൊക്കെയുണ്ട് മീമാംസകരും നയ്യായികന്മാരും സാഖ്യന്മാരും അദ്വൈതുകളൊക്കെ അത് പല പക്ഷങ്ങളെ സ്വീകരിക്കുന്നവരാണ് പക്ഷെ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പ്രമാണ പ്രവൃത്തി എവിടെ സംഭവിക്കുന്നു അതിൽ നിന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രമേയായിരിക്കും യഥാർത്ഥ അനുഭവമായിരിക്കും ഇത് എന്തുകൊണ്ട് പ്രമ എന്ന് ഞാൻ ഉറപ്പിച്ചു കാരണം പ്രമാണം കൊണ്ട് അത് സംഭവിച്ചാണ് പ്രമാണ പ്രവൃത്തിയിലൂടെ സംഭവിച്ചാണ് എൻ്റെ കണ്ണും മനസ്സും വെളിച്ചവും എല്ലാം വന്ന് ശരിയായ രീതിയിൽ വന്നിട്ട് ഒരു ബോധമുണ്ടായതുകൊണ്ട് എനിക്കത് സ്വീകരിച്ചേ മതിയാകും വിശ്വസിച്ചേ മതിയാകും എന്താണ് ആ ഇത് പുസ്തകമാണ് എന്നാലേ എനിക്ക് ഇതിനെ തുടർന്നുള്ള വ്യവഹാരങ്ങൾ സാധ്യമാവും ഇവിടെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് അല്ലെങ്കിൽ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ജ്ഞാനവും പ്രമാണാർത്ഥമായിരിക്കണം പ്രമാണത്തിൻ്റെ താൽപ്പര്യമായിരിക്കണം ഇവിടെ എന്താണ് പ്രമാണം ശ്രുതി എന്ന് പറയും അല്ലെങ്കിൽ ഈ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടായത് വാക്ക് ആപ്തന്റെ വാക്കെന്ന് പറഞ്ഞു ആപ്തന്റെ വാക്കെന്ന് പറഞ്ഞാൽ എന്താണോ അയാൾ ഗ്രഹിച്ചത് ആഗ്രഹിച്ചതന്നെ വാക്കിലൂടെ പുറത്തു വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരാള് പരമാർത്ഥം എന്താണെന്ന് ഗ്രഹിച്ചു അപ്പോൾ അയാളുടെ ആ വ്യക്തിയുടെ അറിവിനെ പിന്തുടരുന്നതാണ് വാക്ക് സത്യവാക്ക് എന്ന് പറയുന്നു ആ വാക്ക് വെളിപ്പെടുത്തുന്ന എന്തായിരിക്കും സത്യത്തെ കുറിച്ചുള്ള ബോധത്തെ ആയിരിക്കും സത്യത്തെ ബോധം സത്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സത്യത്തെ ബോധത്തിന് അസത്യമാകാൻ പറ്റത്തില്ല അപ്പോ ആ വക്താവിന്റെ പരമാർത്ഥ ബോധത്തെ പിന്തുടരുന്നതാണ് വാക്ക് അറിവിനുസരിച്ച് വാക്ക് ആ വാക്ക് ശ്രോതാവിൽ പരമാർത്ഥബോധത്തെ ഉണ്ടാക്കുന്നു അതിൽ പറഞ്ഞിരിക്കുന്നു പ്രമാണാർത്ഥശാഭ്യതം അതുകൊണ്ട് പറയുക എന്താണ് അയാൾക്കുണ്ടായ അറിവ് പ്രാമാണികമാണോ അതുകൊണ്ടാണ് ഇവിടെ അതിന് ശ്രുതി എന്ന് പറയുന്നത് കേട്ടുണ്ടായ അറിവാണ് അത് എന്തുകൊണ്ടത് പരമാർത്ഥമായി അത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള അറിവായതുകൊണ്ട് അതുകൊണ്ടത് പരമാർത്ഥമാണ് എല്ലാവരും പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആത്യന്തിക സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വ്യവഹാരിക സത്യത്തെക്കുറിച്ചല്ല പറയുന്നത് സത്യം പറയുന്നു കള്ളം പറയുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചല്ലേ ഇവിടെ പാരമാർത്ഥികമായ സത്യം അപ്പൊ പാരമാർത്ഥികമായ സത്യത്തെ കുറിച്ചും മനനം ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ചും ബോധമുണ്ടാവുന്നു അതുകൊണ്ടാണ് തപസ് തപസ് ചെയ്തു പറഞ്ഞു മുമ്പ് വന്നാണ് അത് ഏകാഗ്രമായ മനനം എന്താണ് സത്യം എന്നറിയ അതിൽ നിന്ന് ബോധമുണ്ടായി ആ ബോധം അത് വാക്കിന്റെ രൂപത്തിലായപ്പോൾ അതിനെ പ്രമാണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ശബ്ദ പ്രമാണമെന്ന് പറയുന്നൊരു പ്രമാണത്തിനൂടെ സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ പുസ്തകത്തിന് കണ്ണ് പ്രമാണമായിരിക്കുന്നത് അതുപോലെ പരമാർത്ഥ തത്വത്തിന് വാക്ക് പ്രമാണമായി അറിഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ട് അത് ആ വാക്ക് ഒരാളിൽ ബോധമുണ്ടാക്കി പരമാർത്ഥബോധം എങ്ങനെ ആ വാക്കയാൾ ശ്രവിച്ചപ്പോൾ അത് ശ്രവിച്ചിട്ട് ബോധമുണ്ടായതുകൊണ്ട് ആ പ്രമാണത്തിന് ശ്രുതി എന്നും പേരുന്നു അതാണിവിടെ മുഖ്യം ഒന്ന് പ്രമാണം രണ്ട് ആ ബോധം പ്രമാണ താൽപ്പര്യമായി വരിക പ്രമാണ താൽപ്പര്യമായി ആ ബോധം വരുമ്പോൾ അത് പരമാർത്ഥബോധമാണ് യഥാർത്ഥ ബോധമാണ് അത് പരമാർത്ഥബോധം എന്ന് പറയുമ്പോൾ അത് പരമാർത്ഥം തന്നെ ആദിത്യ പ്രകാശം എന്ന് പറയുമ്പോൾ അത് ആദിത്യം തന്നെ അത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഇവിടെ പ്രാധാന്യം വരുന്നത് എന്താണ് അഭ്യപകമം എന്നുവെച്ചാൽ ബോധം ഏതാത്മീയത്വം അഭ്യപകച്ചതാ താങ്കളെന്ത് ചെയ്തിരിക്കുന്നു ചോദിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് അദ്വയമാണ് ഏകമാണ് പരമാർത്ഥമെങ്കിൽ അങ്ങനെ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നത് ഈ പറഞ്ഞ ആത്മീയത്വത്തെ ഗ്രഹിച്ചിട്ടാണോ അല്ലയോ ഗ്രഹിച്ചിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യം അവിടെ ഉയരത്തില്ല അവിടെ അവസാനിച്ച് ഗ്രഹിക്കാതെയാണെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ശാസ്ത്രം മറിച്ചാണെങ്കിലോ തത് അഭ്യുഗമിച്ച വികല്പ അനുപത്യമാത്രം അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ സ്വീകരിച്ചാന്ന് വെച്ചാൽ ബോധിച്ചു കഴിഞ്ഞാൽ വികല്പാനുപത്തി എന്ന് വെച്ചാൽ അവിടെ ചോദ്യമില്ല അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കുന്നു അതുകൊണ്ട് ഞാൻ മിടുക്കനാണെന്നും കരുതണ്ട എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ഞാൻ അജ്ഞനായിരിക്കുന്നതുകൊണ്ട് എന്നെ ബോധിപ്പിച്ച പ്രകാരത്തിൽ എനിക്ക് ബോധിക്കാൻ കഴിയാത്തതുകൊണ്ട് അതെന്റെ ന്യൂനതയാണ് എന്റെ ചോദ്യം മറിച്ചാണെങ്കിൽ തത് അഭിപദമേ അത് ഴിഞ്ഞാൽ അയാൾ ബോധിച്ചു കഴിഞ്ഞാൽ തരത്തിലുള്ള ചോദ്യങ്ങളും അവിടെ ഇല്ല എന്തിനും സംബന്ധിച്ച് ഈ പരമാർത്ഥത സംബന്ധിച്ചതാണ് ചോദ്യമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ചോദ്യം ചോദിക്കില്ലെന്നുണ്ട് പരമാർത്ഥ തന്നെ സംബന്ധിച്ച് ഇവിടെ അദ്വൈതമാണ് പരമാർത്ഥം അങ്ങനെയാണെങ്കിൽ ശാസ്ത്രം നിരർത്ഥകമാണ് അതിൻ്റെ ആവശ്യം എന്താണ് അദ്വൈതം പരമാർത്ഥം എന്ന് പറയുമ്പോൾ ഒരു തത്വത്തെ അവിടെ അംഗീകരിക്കുന്നു എന്താണ് ഇവിടെ തത്വം നിത്യമുക്തമാണ് തത്വം നിത്യമുക്തമായിരിക്കുക പിന്നെ ശാസ്ത്രവന്ധന ഗുരുവന്ധന നിത്യമുക്തി എന്നുള്ളതിനെ നിങ്ങൾ ബോധിച്ചെന്നുള്ളതാണ് ഒന്നുകൂടിയുണ്ട് എന്താണ് നിങ്ങൾ ബോധിച്ചാലും ബോധിച്ചില്ലെങ്കിലും നിത്യമുക്തം തന്നെ തത്വം അതുങ്ങൾ ബോധിക്കണമെന്നില്ല രണ്ടായാലും തത്വ സ്വരൂപത്തിൽ മാറ്റമില്ല അത് മുക്തം തന്നെയാണ് പിന്നെ പ്രാധാന്യം എന്താണ് വിശേഷത എന്താ സംഭവിക്കുന്നത് നമ്മളത് ബോധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെയാണ് വ്യത്യാസം വരുന്നത് അത് ബോധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിത്യമുക്തമാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം താൻ പരമാർത്ഥമായ സത്യവസ്തുവാണ് എന്ന് സ്വയം ബോധിക്കാതിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ ദേഹമാണ് ദേഹപരിച്ഛിന്നനാണ് സർവം കലുതം ബ്രഹ്മ എന്ന് സർവത്തെയും ബോധിക്കാത്തിടത്തോളം കാലം ഇത് നാമരൂപാത്മകമാണ് പക്ഷെ അങ്ങനെ ഒരുവൻ ബോധിച്ചാലും ബോധിച്ചില്ലെങ്കിലും ഇതെന്താണ് ഇത് നിത്യമുക്തവുമാണ് അപ്പോൾ വ്യത്യാസമുണ്ടാകുന്ന ഇവിടെ ഒരുവന്റെ ബോധത്തിലാണ് അവനത് അറിയുന്നോ അറിയുന്നില്ലേ എന്നുള്ളതാണ് അറിഞ്ഞാലും പോരാ അത് വികല്പങ്ങൾക്കൊന്നും ഇട കൊടുക്കാത്ത രീതിയിൽ അറിയണം ഇവിടെ അതാ സംഭവിക്കുന്നു ഇവിടെ ഗുരു ശിഷ്യനോട് ഉപദേശിച്ചത് എന്താണ് അദ്വയമാണ് തത്വം പരമാർത്ഥമാണ് തത്വം ശിഷ്യൻ ബോധിച്ചത് പക്ഷേ ശിഷ്യൻ ബോധിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്റെ ഉള്ളിൽ വികല്പമാണ് ഉണ്ടായത് അങ്ങനെ നിത്യമുക്തമാണെങ്കിൽ എന്തിനാ ശാസ്ത്രം എന്തിനാ ഗുരു അപ്പൊ അങ്ങനെ ബോധിച്ച പോരാ ഇവിടുത്തെ ബോധ്യം എന്ന് പറയുന്നത് എന്താണ് അത്തരം വികല്പങ്ങൾക്ക് അവസരം കൊടുക്കാത്തതായിരിക്കും അത് ചർച്ച ചെയ്തതാണ് നിശ്ചയാത്മികമായ ധി അങ്ങനെ ഒരാൾ ബോധിച്ചു കഴിഞ്ഞാൽ വികല്പ അനുപത്തി അഹശാസ്ത്രം ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് അതിന് സമാധാനം വികല്പം അനുപന്നമാണ് അവിടെ പിന്നെ വികല്പത്തിനൊന്നും ആവശ്യമില്ലാതെ ഏത് ശാസ്ത്രം പറഞ്ഞു ബലധാരുണ്യത്തിൽ എത്രത്തോ അസ്യസർവം ഇത്യാദി എത്ര എന്ന സന്ദർഭത്തിൽ അത് ഒന്നുകൂടെ വിശദീകരിക്കും എത്രത്തോ സർവം ആത്മീവൂത് എപ്പോഴാണോ എല്ലാം ആത്മാവായി തീർന്നത് ശീർ അവിടെ കർത്താവ് കരണം കർമ്മം തുടങ്ങിയ ഭേദങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല അതിപ്പോ എപ്പോഴാണോ എല്ലാം ആത്മാവായി തീർന്നത് ഒരുവനും അങ്ങനെ എപ്പോഴെങ്കിലും ആത്മാവായി തീരേണ്ട ആവശ്യമില്ല എപ്പോഴും ആത്മാവ് മാത്രമായിരിക്കേ അദ്വൈതമെന്ന് പറയുന്ന എന്താണോ മൂന്നു കാലത്തിനും അദ്വൈതമാണോ ഇന്നലെ അദ്വൈതമായി ഇന്ന് ഇന്നലെ ആത്മാവല്ലാതിരുന്ന എല്ലാ ആത്മാവായിത്തീരുകയല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കുന്ന പോലെ ഒരു സുപ്രഭാവത്തിൽ എനിക്കെല്ലാം ആത്മാവായി തീർന്നു അതുവരെ എല്ലാ ആത്മാവായിരുന്നില്ല മറ്റുള്ളതുമായിരുന്നു അങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യമില്ല അദ്വൈതം എന്ന് പറഞ്ഞാൽ അതിന് കാലദേശങ്ങളില്ലാതെ ഉള്ള പരമാർത്ഥ സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഒരു അവസ്ഥയെ കുറിച്ച് പറയുകയല്ലോ ഇന്ന ദിവസം മുതൽ എനിക്കെല്ലാം ആത്മാവായി തീർന്നു അപ്പൊ അതുവരെ എല്ലാ ആത്മാവല്ലേ അതുവരെ സർവംഖൽ വിതം ബ്രഹ്മ അല്ലേ എപ്പോഴും എല്ലാ ആത്മാവാണ് ഈ ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി പിന്നെന്താ എല്ലാം ആത്മാവായി തീരുമ്പോ അവിടെ ഭേദ ദർശനമില്ല കനകം പശി കനകം വിജാനിയവിടെ പറഞ്ഞു പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞു എപ്പോഴാണോ എല്ലാം ആത്മാവായി തീരുന്നതെന്ന് ഇതാണ് ആൾക്കാർക്ക് സംശയമുണ്ടാകുന്നത് ഇപ്പോ ഞാൻ നീ എന്നുള്ള ഭേദബുദ്ധി എനിക്കിരിക്കുന്നു അപ്പൊ എല്ലാം ആത്മാവായിത്തീരുന്നതിവിടെ ഈ ജാഗ്ര ബോധമെല്ലാം പോയി മനസ്സേകാഗ്രമായി സമാധിയിലെത്തിച്ചേരുമ്പോൾ എല്ലാവർന്നായിത്തീരും അങ്ങനെ ഭ്രാന്തി ഉള്ളവരുണ്ട് ഇവിടെ അതല്ല പറയുന്നു അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് എത്ര ഞാനെങ്ങനെയാണ് അവിടെ വ്യാഖ്യാനിച്ചത് വിദ്യ അവസ്ഥായ ഏതൊരു വിദ്യാവസ്ഥയിലാണോ എന്നവിടെ പറഞ്ഞു അപ്പൊ വിദ്യാവസ്ഥ വിദ്യ എന്ന് വെച്ചാൽ ബോധമാറങ്ങും ഏതൊരു വിദ്യാവസ്ഥയിലാണോ എല്ലാ ആത്മാവായി തരുന്നത് അതുവരെ എല്ലാ ആത്മാവല്ലേ എല്ലായ്പ്പോഴും എല്ലാ ആത്മാവാണ് പിന്നെന്താ വിദ്യാവസ്ഥ പറയുന്നത് എല്ലാം ആത്മാവാണ് എന്നുള്ള ബോധം ഒരുവനിൽ എപ്പോഴാണോ ഉണ്ടാകുന്നത് അതാണ് വിദ്യാവസ്ഥ എന്ന് പറയുന്നത് വിദ്യയുള്ള അവസ്ഥ വിദ്യയുള്ള സ്ഥിതി ഒരുവനിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു എല്ലാം ആത്മാവാണ് സർവം കൊല്ലിതം ബ്രഹ്മ ആത്മീയവേദം സർവം ബ്രഹ്മേവേദം സർവം അങ്ങനെയൊരു ബോധം ഒരുവലിലുണ്ടാകുന്നു അങ്ങനെയൊരു ബോധമുണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എല്ലാം ആത്മാവാകേണ്ട ആവശ്യം വല്ലതും ഉണ്ട് ഇല്ല എന്തുകൊണ്ട് ആ ബോധം അതിനാണ് ഈ പറയുന്നത് എത്ര സർവമാത്മീയ ബോധം ഇതാണ് ബോധം വിദ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ വിദ്യ എന്താണ് വിദ്യയാണ് ഈ പറഞ്ഞ അടുത്ത് പറഞ്ഞത് എന്താണ് സർവം ആത്മീവ ഇതാണ് വിദ്യ എല്ലാം ആത്മാവാണ് എന്നുള്ള ബോധം എല്ലാം പരമാർത്ഥമാണ് എന്നുള്ള ബോധം എന്നുള്ള ആ ബോധം അതിനെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു ബോധത്തിൽ പിന്നെ യാതൊരു സ്ഥാനമില്ല എല്ലാം അദ്വയമാണ് എന്നുള്ള ഒരു ബോധത്തിൽ ഇത് മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഇന്നതാണ് പുസ്തകമാണെന്ന ആ ബോധത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള വികൽപ്പങ്ങൾക്കോ ഇതിനെ സംബന്ധിച്ച് മുമ്പുണ്ടായ ഭ്രാന്തികൾക്കോ ഒന്നും ഇതിനെ സംബന്ധിച്ച് ഇനിയൊരു ഭ്രാന്തി ഉണ്ടാകാനുള്ള അവസരമില്ല കാരണം അത് ബോധിച്ചു കഴിഞ്ഞു ഭാവിയിലൊരു ഭ്രാന്തി ഉണ്ടാകുന്നതിന് അവസരം കൊടുക്കുന്നില്ല ഇതുവരെ ഉണ്ടായിരുന്ന വികൽപ്പങ്ങളും ഭ്രാന്തികളുമെല്ലാം അവസാനിച്ചിട്ട് ഇതിൻ്റെതാണെന്ന് ബോധമുണ്ടാകുന്നു അതുപോലെ ഇവിടെ എന്താണ് സർവം ആത്മീവ എന്നുള്ള ബോധം അത് ഏകത്വബോധം അല്ലെങ്കിൽ അദ്വൈബോധം എന്ന് പറയുന്നത് അങ്ങനെ അറിവ് ആ അറിവിനെയാണ് പറയുന്നത് വിദ്യ എന്ന് പറയുന്നത് ആ അറിവുണ്ടായിരിക്കുക അവനാണ് പറയുന്നത് വിദ്യാവസ്ഥ അപ്പൊ ഇങ്ങനെ ഒരു അറിവുണ്ടായാലും ഇങ്ങനെ ഒരറിവ് ഉണ്ടായില്ലെങ്കിലും സർവം ആത്മീയവ എല്ലാം ആത്മാവ് തന്നെയാണ് പക്ഷെ ഒരുവനിൽ അതിന് വ്യത്യാസം സംഭവിക്കുന്നത് എന്താണോ അവനിൽ എല്ലാം ആത്മീയവ എന്നൊരു ബോധം കൂടിയുണ്ട് സർവത്മീയം അത് തത്വം തന്നെയാണ് പരമാർത്ഥം തന്നെയാണ് സർവ്വ ജീവനെ സംബന്ധിച്ചത് തത്വം തന്നെ പക്ഷെ ഒരുവല്ലെന്തുവരുന്നു കൂടുതലായി ആ ബോധം കൂടിയുണ്ട് ആ ബോധം ഉണ്ടാകുമ്പോൾ പിന്നെ അവിടെ ഭേദജ്ഞാനം നിലനിൽക്കുന്നുണ്ടതാണ് കേനകം പശ്ചിത് അതുകൊണ്ട് അത് എടുത്തു പറയുന്നത് അങ്ങനെയൊരു ബോധം ഉണ്ടാകുമ്പോൾ ഭേദജ്ഞാനം ഉണ്ടാകുന്നില്ല കാരണം ആ ബോധം അതുവരെ ഉണ്ടായിരുന്ന ഭേദജ്ഞാനത്തെ ബാധിക്കുന്നു എങ്ങനെ എല്ലാം ആത്മാവാണ് എന്നുള്ള ബോധമുണ്ടായപ്പോൾ അതിനു മുമ്പ് വരെ ഞാൻ വേറെ നീ വേറെ ഇത് ശബ്ദമാണ് സ്പർശമാണ് രൂപമാണ് രസമാണ് ഗന്ധമാണ് എന്നിങ്ങനെ ഭേദബുദ്ധി അതുവരെ നിലനിരുന്ന ആ ഭേദബുദ്ധി അതല്ല പരമാർത്ഥം അതാണ് ബാധിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഭേദബുദ്ധി തന്നെ നിലനിന്നിരുന്നു ആ ഭേദത്തെ ഞാൻ സത്യമായി ധരിച്ചിരുന്നു നീ വേറെയാണ് ഞാൻ വേറെയാണ് എന്നുള്ള എന്റെ ഈ അറിവ് സത്യമാണ് ഞാൻ ധരിച്ചിരുന്നു പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നു അത് സത്യമല്ല അത് അത് ഭ്രാന്തിയാണ് എന്ന് ബോധിക്കുന്നു അതാണ് ഭേദജ്ഞാനത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നു അത് അസത്യമാണെന്ന് ബോധിക്കുന്നു പിന്നെ സത്യമെന്താണ് അബോധം നിൽക്കുന്നത് സത്യം ഏകവും അദ്വൈതവുമാണ് പരമാർത്ഥമാണ് അപ്പോ അത് എന്താവിടെ വിശേഷം സംഭവിച്ചത് ഒരുവനിൽ അത്തരമൊരു ബോധം ശ്രുതിയിൽ നിന്നുണ്ടായി അതുകൊണ്ടാണ് ശ്രുതി അവിടെയെടുത്ത് കാണിക്കുന്നത് എത്രത്വസ്യസർവം ആത്മീയ ഭൂത്ത് പശു ബോധം വെറുതെ പറഞ്ഞല്ലോ ഒരു ബോധം അത് രീതി നിശ്ചയാത്മകമായ ഒരു ബോധം ഉണ്ടാണെങ്കിൽ അതിന് പ്രമാണം ആവശ്യമാണ് ഇവിടെ പ്രമാണജന്യമായി തന്നെ ആ ബോധമുണ്ടായി അത് നിശ്ചയാത്മകമായ ബോധമാണ് ഇനി വരാൻ പോകുന്ന ഭ്രാന്തികളെയും ഇതുവരെ സംഭവിച്ചിട്ടുള്ള ഭ്രാന്തികളെയും എല്ലാം നിരാകരിക്കുകയാണ് ശരി ഇതുവരെ എനിക്കുണ്ടായിരുന്ന നിരാകരിച്ച് ഞാൻ ദേഹമാണെന്നും മറ്റുള്ള ബോധത്തെ നിരാകരിച്ചു പക്ഷെ ഇനി വീണ്ടും എനിക്ക് ദേഹമാണെന്നുള്ള ബോധം വരാൻ പാടില്ലേ അത് വരാൻ പാടില്ല എന്തുകൊണ്ട് അതാണ് യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ഭ്രാന്തിയെ നിരാകരിക്കുമ്പോൾ ഒരു ഭ്രാന്തിയും നിരാകരിച്ച് മറ്റൊന്നിനെ നിരാകരിക്കുന്നില്ല ഇന്നലെ ഉണ്ടായ ഭ്രാന്തിയെ നിരാകരിച്ച് അതിനൊമ്പുണ്ടായ ഭ്രാന്തിയെ നിരാകരിക്കുന്നില്ല എന്നില്ല സൂര്യൻ നിരാകരിക്കുന്നത് എല്ലാ ഇരുട്ടുകളെയും നിരാകരിക്കുകയാണ് ഇന്നലത്തെയും നാളത്തെയും എല്ലാ ഇരുട്ടിനെയും നിരാകരിക്കുകയാണ് എന്നിട്ട് അത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് യഥാർത്ഥം ഞാനതിൻ്റെ സ്വഭാവമാണ് ഭ്രാന്തിക്ക് എവിടെയായാലും ഒരു സ്വരൂപമാണ് ദേഹോഹം എന്നുള്ള ഈ ബുദ്ധിക്ക് ഏക സ്വഭാവമാണ് എന്താണ് അത് ഇന്നായാലും ശരി ഇന്നലെ ആയാലും ശരി നാളെ ആയാലും ശരി ഇതിന്റെ സ്വഭാവം ഇങ്ങനെ ദേഹോഹം പക്ഷേ അതിനെ ബാധിച്ചുകൊണ്ട് അല്ല ഞാൻ സച്ചിദാനന്ദനാണോ എന്നുള്ള ബോധം വരുമ്പോൾ ആ ഭ്രാന്തി പാ പാടെ നിഷേധിക്കുന്നു എന്തുകൊണ്ട് ഭ്രാന്തി എന്ന് പറയുന്നത് ഏകരൂപത്തിലാണ് ഇന്നലെ ഇന്ന് നാളെ ഏത് കാലത്തായാലും അതിന്റെ സ്വരൂപത്തിന് മാറ്റമില്ല അതുകൊണ്ട് അതിനെ നശിപ്പിക്കാനും എളുപ്പമാണ് ഏത് കാലത്തായാലും ഭ്രാന്തി ഈ രീതിയിൽ തന്നെ ആയിരിക്കുന്നു ഞാൻ ദേഹമാണ് അപ്പം അതിന്റെ നിരാകരണവും ഏകരൂപത്തിൽ തന്നെ അല്ല ഞാൻ ആത്മാവാണ് അപ്പം അതിനെ ആ ബോധത്തെ ആ ബോധം ഭ്രാന്തിയെ തന്നെ നിരാകരിച്ചത് കൊണ്ട് ഭ്രാന്തിക്ക് അതിനെ നിരാകരിക്കാൻ കഴിയില്ല വെളിച്ചം ഇരുട്ടിനെ തന്നെ നിരാകരിച്ചത് കൊണ്ട് വെളിച്ചത്തെ ബാധിക്കാൻ പറ്റുന്നില്ല അതൊരിക്കലും സാധിക്കത്തില്ല എന്തുകൊണ്ട് വെളിച്ചം അവൻ്റെ ശത്രുവാണ് അതുപോലെ ഇവിടെയും സംഭവിക്കുന്നു അഭ്രാന്തിയെ നിരാകരിക്കുന്നു അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് പ്രകാശിക്കുന്നു വികല്പങ്ങളെ ഇല്ലാതാക്കുന്നു എല്ലാം എന്താണ് ചെയ്യുന്നത് ആ എത്ര ആ വിദ്യാവസ്ഥയിൽ ആ വിദ്യ അറിവ് അറിവ് ഭേദജ്ഞാനത്തെ ബാധിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് എൻ്റെ തൽപ്പര്യം അതാണ് അറിവിന്റെ പ്രാധാന്യം അല്ല ഇവിടെ മറിച്ച് ധരിക്കാൻ പാടില്ല എന്താണ് ഒരു പ്രത്യേക അവസ്ഥ വന്നു അപ്പം എല്ലാം ആത്മാവായി തീർന്നു എല്ലാം ആത്മാവായി തീരേണ്ട ഒരു പ്രത്യേക അവസ്ഥ വരേണ്ട കാര്യമില്ല എന്തുകൊണ്ട് എപ്പോഴും എല്ലാം ആത്മാവാണ് അതേതെങ്കിലും ഒരു അവസ്ഥാന്തരമല്ല അത് പരമാർത്ഥം ഒരിക്കലും ഒരവസ്ഥയല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോവും ജാഗ്രത സ്വപ്നം സുഷുതി എല്ലാം മാറിപ്പോകുന്നില്ല എന്നുള്ള അവസ്ഥകളായതുകൊണ്ട് പക്ഷെ അവിടെ പരമാർത്ഥം മാറുന്നുണ്ടോ ജാഗ്രതത്തിന് സ്വപ്നത്തിന് സുഷു ആ പരമാർത്ഥം മാറാതിരിക്കുന്നു അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അവസ്ഥയല്ല ഇത് പിന്നെന്താണിത് പരമാർത്ഥമാണ് പക്ഷെ വിശേഷം ഒന്ന് തന്റെ യഥാർത്ഥ സ്വരപത്തെക്കുറിച്ച് പ്രപഞ്ചത്തിൻ്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ച് ആ സംശയരഹിതമായ ഭ്രാന്തിരഹിതമായ ജ്ഞാനം ഉണ്ടാവുന്നു നിവാദ ദീപം എന്ന് പറയുന്നവര് കാറ്റില്ലാത്ത ദീപം കാറ്റില്ലാത്ത ദീപം എന്ന് പറയുമ്പോൾ ഒന്നാണ് കാറ്റുണ്ടെങ്കിലും വെളിച്ചം ഒലഞ്ഞുകൊണ്ടിരിക്കും ഇവിടുത്തെ കാറ്റെന്ന് പറയുന്നത് എന്താണ് സംശയവിപര്യങ്ങളാണ് അത് ഏതിനാണ് അലയ്ക്കുന്നത് ഒലയ്ക്കേണ്ടത് ഈ പരമാർത്ഥബോധത്തെ പക്ഷെ പരമാർത്ഥബോധം ഉണ്ടാകുമ്പോൾ ഉണ്ടായിക്കഴിയുമ്പോൾ പിന്നെ അതിനുള്ള ശേഷി നഷ്ടപ്പെടുന്നു ഇപ്പോൾ എന്താ സംഭവിക്കുന്നു പരമാർത്ഥബോധം ഉണ്ടായില്ല അതുകൊണ്ട് ആ അറിവിനെ എന്ന് പറയും അത് വികല്പ സഹകൃതമായതാണ് ഭ്രാന്തിയുക്തമാണ് എന്നെല്ലാം പറയുന്നു പക്ഷെ അത് പരമാർത്ഥബോധം ആകുമ്പോൾ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധമാകുമ്പോൾ ആ ബോധം തന്നെ സ്വയം പരമാർത്ഥമാകുമ്പോൾ അവിടെ നിന്നെ ഭ്രാന്തിക്കോ വികല്പങ്ങൾക്കോ ഒന്നും നിൽക്കാൻ പറ്റില്ല എന്തുകൊണ്ട് പരമാർത്ഥബോധത്തിൻ്റെ സ്വഭാവം തന്നെ മുമ്പ് പറഞ്ഞതുപോലെ ആദിത്യ സ്വഭാവം തന്നെ ഇരളിന മാറ്റുകയാണ് പരമാർത്ഥബോധത്തിന്റെ സ്വഭാവം തന്നെ ഭ്രാന്തിയും വികല്പങ്ങളെയും മാറ്റുകയാണ് രണ്ടിനും കൂടെ ഒരുമിച്ചിരിക്കാൻ പറ്റില്ല തമപ്രകാശകം എന്ന് പറഞ്ഞ തമസിനെയും പ്രകാശത്തെയും പോലെ ഇത് വിരുദ്ധ സ്വഭാവമുള്ളതാണ് വെളിച്ചത്തിന് മുമ്പിൽ നേരിട്ട് നീക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഭേദജ്ഞാനത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ ആ ബോധത്തിൽ ഒരാൾ ചോദിക്കുന്നത് ശരി അങ്ങനെ ഒരു പരമാർത്ഥബോധം എന്ന് നിങ്ങൾ പറയുന്നു വികൽപ്പം വരാ ആ പരമാർത്ഥബോധം നിങ്ങളീ പറയുന്ന ബോധം ശ്രുതിപ്രമാണ് ജന്യമാണെന്ന് പറഞ്ഞു അത് വികല്പങ്ങളെ ഭ്രാന്തിയും മാറ്റുന്നതാണെന്ന് പറഞ്ഞു ജന്യമായതെല്ലാം നശിക്കുമെന്നാണ് തത്വം അനുഭവം അങ്ങനെയാണ് യുക്തിയും അതിനു യോജിക്കുന്നു ഈ പരമാർത്ഥബോധം നശിക്കത്തില്ലേ ദീപം പ്രകാശിച്ചിരിക്കുമ്പോൾ ശരിയാണത് ഇരുളിനെ നശിപ്പിക്കും പക്ഷെ ദീപം അണഞ്ഞു പോയാൽ അവിടെ വീണ്ടും ഇരുൾ വരത്തില്ലേ ഇപ്പൊ പരമാർത്ഥബോധം അംഗീകരിക്കാം എനിക്കത് ബോധിക്കുന്നു പക്ഷേ ഏതൊരു ബോധവും പോലെ തന്നെ ഇത് ഉണ്ടാകുന്നതുകൊണ്ട് ഇത് നശിച്ചുപോകത്തില്ലേ ഇതുകൊണ്ടെന്താ വിശേഷത വീണ്ടും തന്നെ അജ്ഞനാകത്തില്ലേ ഈ പരമാർത്ഥബോധത്തിന്റെ സ്വരൂപം എന്താണ് അത് പരമാർത്ഥമാണെന്ന് പറയുന്നു പരമാർത്ഥമാണെങ്കിൽ പരമാർത്ഥം പിന്നെ അതിന്റെ ബോധം എന്നുള്ള ദ്വൈതം അവിടെ ഉണ്ടാകുന്നു എന്തിനാണ് പരമാർത്ഥബോധം എന്ന് പറയുന്നത് എന്താണ് പരമാർത്ഥമെന്ന് പറയുന്നത് പരമാർത്ഥം സച്ചിതാനന്ദമാണ് അങ്ങനെയാണെങ്കിൽ ഈ പരമാർത്ഥബോധം സച്ചിദാനന്ദ്ര അയാൽ എന്താ കുഴപ്പം ഇപ്പൊ പരമാർത്ഥബോധം ആനന്ദമായിരിക്കണം അങ്ങനെ വിശേഷമായ വിലക്ഷണമായ ഒരു ആനന്ദം ഈ ഉണ്ടാകുന്നുണ്ടോ ഞാനിപ്പോൾ പരമാർത്ഥത്തെ ധരിക്കുന്നു പക്ഷെ എനിക്ക് വിശേഷിച്ച ആനന്ദമൊന്നും ഉണ്ടാകുന്നില്ല എന്നിൽ സംഭവിച്ചത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമല്ലേ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ നാളെ വിളക്കുന്നതുവരെ ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ട് അവസാനമില്ലാത്ത ചോദ്യങ്ങൾ എന്തുകൊണ്ടാ ഇപ്പൊ തന്നിൽ സംഭവിച്ചിരിക്കുന്നത് പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധമല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ഈ ചോദ്യങ്ങളല്ല ശരി പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധമാണെങ്കിൽ ഈ ഓരോ ചോദ്യത്തിനും സമാധാനം കൂടിയത് തരുമോ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നതിനുള്ള അവസരമില്ല അതാണ് ചോദ്യങ്ങൾ വന്നിട്ട് സമാധാനം പറയുന്നതല്ല ചോദ്യങ്ങൾ വരുക സമാധാനം പറയുക എന്ന് പറയുന്നു മനനം ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് സമാധാനം പറയാം ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന് സമാധാനമുണ്ട് ഒരു വികല്പം ഉണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട് പക്ഷെ പരമാർത്ഥബോധത്തിന്റെ വിശേഷത എന്താണ് അവിടെ വികല്പത്തിനാണ പറഞ്ഞത് അത് വികല്പങ്ങളെ ബാധിച്ചിരിക്കുന്നു ഭ്രാന്തിയെ നിരാകരിച്ചിരിക്കുന്നു അവിടെ അത്തരം ചോദ്യങ്ങൾ ഉയരുന്നതിനുള്ള അവകാശമില്ല അതാണ് പിന്നെ ചോദ്യം ഉണ്ടായിട്ട് സമാധാനം പറയുകയല്ല ചോദ്യങ്ങൾ ഉയരുന്നതിനുള്ള അവസരം അവിടെ ഇല്ല അതെന്താ അതാണ് അതിനെ പറയുന്നത് നിശ്ചയാത്മിക ധീ എവിടെയാണോ നിശ്ചയാത്മികമായ ധീ ബുദ്ധി വരുന്നത് അവിടെ ചോദ്യം ഉയരത്തില്ല അവിടെ ഭ്രാന്തി പ്രത്യക്ഷപ്പെടുത്തില്ല പക്ഷേ എനിക്ക് ആ പരമാർത്ഥത്തെക്കുറിച്ച് ഉള്ള ബോധം പറയുമ്പോൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളും ഉണ്ടാകുന്നു നല്ലതാണ് എന്താണ് അവിടെ നിങ്ങളുടെ നിങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് മനനം അതാവശ്യമാണ് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നുണ്ട് അവിടെ ചോദ്യങ്ങൾ വരുന്നു പരിഹാരം വരുന്നു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ദോഷമുള്ള കാര്യമല്ല അതിനാണ് മനണമെന്ന് പറയുന്നത് വിചാരം അവിടെ സംഭവിക്കുന്നു അപ്പോൾ പരമാർത്ഥ വിചാരം എല്ലാ മനസ്സുകളിലും സംഭവിക്കുന്നുണ്ടോ ഇല്ല കേട്ടാൽ തന്നെ സംഭവിക്കുമോ അത് സംഭവിക്കാറില്ല ആ പരമാർത്ഥ വിചാരം അപൂർവം മനസ്സുകളിലേ സംഭവിക്കത്തുള്ളു വിചാരം എന്ന് പറയുന്നത് അവസാനമല്ല വിചാരം എന്ന് പറയുന്ന ഒരു ആ വിചാരത്തിലാണ് ചോദ്യങ്ങൾക്ക് സമാധാനം വരുന്നത് ചോദിക്കുന്നു ആ പരമാർത്ഥബോധം അത് ജന്യമല്ലേ ആ ജന്യമാണ് പറയാം ജന്യമാണെങ്കിൽ നശിക്കത്തില്ലേ അത് നശിക്കും അതിനെന്താ ദോഷം അങ്ങനെയാണെങ്കിൽ ഇത് വിചാരം അങ്ങനെയാണെങ്കിൽ പരമാർത്ഥബോധമുണ്ടായി അത് നശിച്ചുപോയി വീണ്ടും ഞാൻ പഴയതുപോലെ പരമാർത്ഥബോധമില്ലാത്തവനായി പരമാർത്ഥബോധം കൊണ്ട് ഞാൻ ജ്ഞാനിയായി പരമാർത്ഥബോധം എനിക്ക് നഷ്ടപ്പെട്ടു വീണ്ടും ഞാൻ അജ്ഞാനിയായി വെളിച്ചം വന്നു വിരുളു പോയി വെളിച്ചമണഞ്ഞു വിരുളു വീണ്ടും വന്നു അതല്ലേ എന്റെ അവസ്ഥ എന്തുകൊണ്ടങ്ങനെ വരുന്നു കാരണം പരമാർത്ഥബോധം ജന്യമാണ് ഇത് മനനം അപ്പതിന് സമാധാനം വേണ്ടേ അപ്പൊ അതിലെന്താണ് പരമാർത്ഥതയെന്ന് കണ്ടെത്തണ്ടേ ചോദ്യം എന്ന് പറയുന്നത് അറിവിൽ നേരെ വരുന്ന വികല്പങ്ങൾ സമാധാനം എന്ന് പറയുന്നത് എന്താണ് അറിവിന്റെ പരമാർത്ഥത അപ്പോൾ ആ പരമാർത്ഥതയിലെത്തുമ്പോൾ ബുദ്ധി എന്താവും നിശ്ചയാത്മകമായ രൂപത്തിലാവും അവിടെ വകല്പത്തിനവസരമില്ല ഭ്രാന്തിക്ക് അവസരമില്ല അല്ല വിജ്ഞാനം ഉണ്ടായാലും വീണ്ടും ഞാൻ അച്ഛനായിപ്പോകുമല്ലോ വീണ്ടും ഞാൻ ഭ്രാന്തിക്ക് അടിമപ്പെട്ടു പോകുമല്ലോ അങ്ങനെയുള്ള ഭ്രാന്തികൾ അവിടെ സംഭവിക്കുന്നല്ലോ എന്തുകൊണ്ട് അവിടെ ജ്ഞാനത്തെ സംബന്ധിച്ചവൻ നിശ്ചയത്തിലെത്തിച്ചേർന്നത് എന്താ നിശ്ചയം ഇതുണ്ടാകുന്നു നശിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇതുണ്ടാകുന്നില്ല നശിക്കുന്നില്ല എന്നും പറയും ഇതുണ്ടാകുന്നു നശിക്കുന്നു എന്നറിയുന്നത് പോലെ തന്നെ ഇതുണ്ടാകുന്നില്ല നശിക്കുന്നില്ല എന്നും അറിയാം ഏതറിവാണോ പരമാർത്ഥം അതിനെ സ്വീകരിക്കുക പരമാർത്ഥമല്ലാത്തതിനെ ത്യജിക്കുകൊണ്ട് ഊഹ അപ്പോഹം എന്ന് പറയും രണ്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല വെളിച്ചത്തെ സ്വീകരിക്കുമ്പോൾ ഇരുളിനെ കൂടെ സ്വീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് വെളിച്ചത്തെ സ്വീകരിക്കുമ്പോൾ ഇരുളിൽ തള്ളിക്കളഞ്ഞേ പറ്റൂ ഇതിലേതാണ് ശരി ഞാനും ഉണ്ടാകുന്നു നശിക്കുന്നു അല്ല ഞാനും ഉണ്ടാകുന്നില്ല നശിക്കുന്നില്ല അങ്ങനെയൊരു വികല്പം മനസ്സിൽ വന്നല്ലോ അപ്പം അതിന് സമാധാനം വേണ്ടേ അതിന് നിശ്ചയം വേണ്ടേ ജ്ഞാനത്തിന് ഉത്പത്തി നാശങ്ങളെല്ലാം അതിന് നിത്യമാണ് അതാണ് പരമാർത്ഥമെങ്കിൽ എന്തിനു പിന്നെ മറ്റൊന്നിനെ സ്വീകരിക്കണം അത് ഉണ്ടാകുന്നതും നശിക്കുന്നതുമാണ് അങ്ങനെ ഒന്ന് സ്വീകരിച്ചുകൊണ്ടതാണല്ലോ അതിനെ സംബന്ധിച്ച് മനനം ആവശ്യമായിട്ട് വന്നത് അതിനെ സ്വീകരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് മനനം ആവശ്യമായിട്ട് വന്നു അത് തന്നെയാണ് അതിൻ്റെ കാരണം അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ടുപോയ ഭാഗം മനനം എന്തുകൊണ്ട് ആവശ്യമായിട്ട് വന്നത് എല്ലാം പരമാർത്ഥമാണെങ്കിൽ സാർ നമ്മൾ പറയുന്നതാണ് ഇവിടെ അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നു എന്താണ് ഏകസ്യപ്പ്യാത്മനോ അവിദ്യാവൃത്യ നാമ രൂപ അനുപാധികൃത വിശേഷ അഭ്യുഗമാ അതാണ് അതിൻ്റെ കാരണം ആത്മാവ് ഏകമാണ് അദ്വയമാണ് പരമാർത്ഥമാണ് പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ ബോധത്തിന്റെ ആവശ്യമാണ് അതിൻ്റെ പരമാർത്ഥ സ്വരൂപത്തെ അറിയേണ്ട ആവശ്യമാണ് എന്താ ഇങ്ങനെ ഒരവസ്ഥ വന്നത് പറയുന്നു അത് ഏകമാണ് പരമാർത്ഥമാണെങ്കിലും അവിദ്യ നാം ഒരു ഉപാധി നാം ഒരു ഉപ ഉപാധികളെ കൊണ്ട് എനിക്കത് ചിന്തിക്കേണ്ട ആവശ്യമാണ് അതിന് കാരണം എന്താണ് അവിദ്യ ഞാൻ അവിദ്യക്ക് എനിക്ക് മനനം ആത്മാവിനെ സംബന്ധിച്ച് എന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് എന്നെ ചിന്തിക്കേണ്ടി വന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിദ്യക്ക് അധീനമായിരിക്കുന്ന എന്റെ മനസ്സ് ഉത്പത്തി സ്ഥിതി നാശങ്ങളെയെല്ലാം ഇവിടെ അനുഭവിക്കുന്നു അറിയുന്നു അപ്പോ ആത്മബോധത്തിന്റെയും ഉത്പത്തി സ്ഥിതി നാശങ്ങളല്ല അതുപോലെ തന്നെ അറിയുന്നു എങ്ങനെ അറിയുന്നു അതൊക്കെ ഉപാധികൃതമാണ് എന്നറിയുന്നു പക്ഷേ അതേ മനസ്സ് തന്നെ മറിച്ച് മനസ്സിലാക്കുന്നതാണ് അനുപാധികൃത ഇത് ഉപാധികൃതമായി ഇത് ഉത്പത്തിനാശങ്ങളുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഉത്പത്തി നാശങ്ങളുണ്ടെങ്കിൽ ആ ഉത്പത്തി നാശങ്ങളെ അറിയുന്നതാണ് വ്യവഹാരമെന്ന് പറയുന്നത് എന്റെ മനസ്സിനുമുണ്ട് ഉത്പത്തിനാശങ്ങൾ എന്റെ അറിവിനുകൊണ്ട് ഉത്പത്തിനാശങ്ങൾ അത് പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള അറിവായാലും ശരി ആത്മാവിനെ സംബന്ധിച്ചുള്ള അറിവായാലും ശരി അവിടെയെല്ലാം എന്താണോ ഉത്പത്തിനാശങ്ങളുണ്ട് പക്ഷെ പറയേണ്ടി വരും അതെല്ലാം എന്താണോ അവിദ്യ എന്ന് പറയുന്നത് ഒരു ഉപാധികൃതമാണ് പക്ഷെ അത് അങ്ങനെ നിൽക്കെ തന്നെ ഇവിടെ എന്തുണ്ട് ഉത്പത്തി നാശങ്ങളില്ലാത്ത അവസ്ഥയുണ്ട് അതെന്താണ് അനുപാധികൃതമാണ് അപ്പൊ ഇവിടെ രണ്ട് വിശേഷത്തെ സ്വീകരിച്ചിരിക്കുന്നു ഒന്ന് ഉപാധികൃതം മറ്റൊന്ന് അനുപാധികൃതം അപ്പോൾ ഉപാധികൃതം എന്ന് പറയുമ്പോൾ എന്താണ് ഈ അറിവിനുപത്തി നാശങ്ങളുണ്ട് അനുപാധികം എന്ന് പറഞ്ഞാലോ ഉപാധി അവിടെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ അറിവിനുത്പത്തി നാശങ്ങളില്ല പരമാർത്ഥത്തെക്കുറിച്ച് എന്നിലുണ്ടായ ആ ബോധം അത് പരമാർത്ഥം തന്നെ സത്യത്തെക്കുറിച്ച് എന്നിലുണ്ടായ ആ ബോധം സത്യം തന്നെ ഇത് ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനിന്ന് വിശദീകരിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ അത് ഒന്ന് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അത് ജ്ഞാനം ജന്യമാകുന്നു നശിക്കുന്നു എന്ന് പറയുന്നു അതേസമയം അത് ഉപാധികളെ അംഗീകരിച്ചുകൊണ്ടാണ് ഉപാധികളെ തിരസ്കരിച്ചുകൊണ്ട് അത് നിത്യമാണെന്നും പറയും അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാ അത് ഈ ജ്ഞാനത്തിൽ മാത്രമല്ല തന്നിലും പ്രപഞ്ചത്തിലും എല്ലാം സംഭവിച്ചിരിക്കുന്നു ഒരു കാര്യമാണ് ഈ കാര്യത്തെയാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നതാണ് മിഥുനീകരണം എന്ന് പറയുന്നത് അവിദ്യ കൊണ്ട് ഒരു മിഥുനീകരണം സംഭവിച്ചിരിക്കുന്നു ആത്മാവിന്റെ കാര്യം പോട്ടെ നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ നാമരൂപാത്മകമായ വസ്തുക്കൾ ഈ വസ്തുക്കൾ എന്ന് പറയുന്നത് സത്യവും മിഥ്യവുമാണ് സത്യവും മിഥ്യയും ചേർന്നിരിക്കുന്നതിനാണ് മിഥിനീകരണമെന്ന് പറയുന്നത് ഈ മിഥിനീകരണത്തെ നോക്കിയിട്ട് ആ തത്വത്തെ അറിയുന്നവൻ പറയും എന്താണ് ഇതെല്ലാം മിഥ്യയാണ് എന്തുകൊണ്ട് സത്യാനന്ദ കലർന്നിരിക്കുമ്പോൾ ആനന്ദത്തിന്റെ ഭാഗത്ത് നോക്കിയിട്ട് പറയാം ഇത് മിഥ്യയാണ് ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്ന് പറയും പക്ഷെ അതേ വ്യക്തി തന്നെ ഈ സത്യാനതങ്ങളുടെ ഈ കൂടിക്കലറൽ ചേർച്ച അതിൽ ആ സത്യത്തെ നോക്കി പറയുന്നതാണ് ഇതെല്ലാം സത്യമാണ് എന്താ മിഥ്യം ഇതിൻ്റെ മിഥ്യാത്വം എന്താണ് ഈ നാമരൂപാത്മകമായ അനുഭവം എന്താണ് അതിൽ സത്യത്വം എന്ന് പറയുന്നത് ആ നാമരൂപാത്മകമായ അനുഭവത്തിൽ തന്നെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഉണ് സത്യം അതവിടെ പ്രകാശിക്കുകയാണ് അത് ഹംസോ യഥാ ക്ഷീരം ഇവ അമ്പ് മിശ്രം ഹംസം എങ്ങനെയാണോ പാലിൽ നിന്ന് വെള്ളത്തെ വേർതിരിക്കുന്ന അതുപോലെ സത്യദർശി ആ സത്യത്തെ കാണുന്നതിന് രണ്ടിനും വേർതിരിക്കുന്നു അതുകൊണ്ട് രണ്ടും പറയാൻ കഴിയുന്ന എന്താണ് ഇത് അസത്യമാണ് ഇത് മിഥ്യയാണ് തിരിച്ചും പറയുന്നതാണ് എന്തുകൊണ്ട് അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് ബോധം എന്ന് പറയുന്നത് അതാണ് എങ്ങനെയാണ് ബാഹ്യമായ പ്രപഞ്ചത്തിൽ ആ മിഥിനീകരണം സംഭവിച്ചത് സത്യാനൃതങ്ങൾ വേർപിരിയാൻ വേർ പിരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അനുഭവത്തിന് വിഷയമായി ഇരിക്കുന്നത് എന്നാൽ തത്വജ്ഞൻ അതിനെ വേർതിരിച്ചിട്ട് അതിനെ സത്യമൊന്നും അനർഥമൊന്നും വേർതിരിച്ച് കാണിക്കുന്നത് അതുപോലെ തന്നെ ആന്തരികമായും എവിടെയെല്ലാം വ്യവഹാര അനുഭവങ്ങളുണ്ടോ അത് ബാഹ്യമായ നാമരൂപാത്മകമായ അനുഭവമാകാം ആന്തരികമായ അറിവുമാകാം തൻ്റെ ഉള്ളിൽ സദാ മാറിക്കൊണ്ടിരിക്കുന്ന അറിവും അത് വ്യവഹാര അനുഭവമാണ് ആ അറിവ് തന്റെ വികാര വിചാരങ്ങളാകാം ബാഹ്യമായ ശബ്ദസ്പർശ രൂപാധികളെക്കുറിച്ചുള്ള അറിവാകാം അല്ലെങ്കിൽ തന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ജഗത്തിനെ സംബന്ധിച്ചുള്ള പരമാർത്ഥമായ തത്വബോധം ആകാം ആ പരമാർത്ഥമായ തത്വബോധത്തെ സംബന്ധിച്ചും എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ വിധിനീകരണം സത്യവും അനർഥവും സാധാരണ ഒരു അനുഭവം വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ കൂടിച്ചേർന്നിരിക്കുന്നു പക്ഷേ വിവേകി എന്ത് ചെയ്യുന്നു അതിനെ വേർതിരിച്ചിട്ട് പറയുന്നു ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ച് പറയുന്നതുപോലെ തന്നെ പറയാം ആ പരമാർത്ഥബോധത്തെ സംബന്ധിച്ചും പറയാം അതനർഥമാണ് അതിനൊണ്ട് നാമരൂപാത്മകമായ അംശങ്ങൾ അത് അനർത്ഥമാണ് അതിനുകൊണ്ടെന്താണ് പരമാർത്ഥം അത് സത്യമാണ് ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് വിചാരത്തിൽ നിന്നും നിശ്ചയത്തിലെത്തിച്ചേരുന്ന അവസ്ഥ വിദ്യാവസ്ഥ ഇതുവരെ എത്തിച്ചേരുന്നതിന് നമ്മൾ വിചാരം ചെയ്തു അവസാനം നിശ്ചയമായ രൂപത്തിൽ എത്തി മനസ്സ് അവിടെ ബോധം തെളിഞ്ഞു എന്താണോ അത് എങ്ങനെ സത്യമാകുന്നു എങ്ങനെ അസത്യമാകുന്നു അതാണ് വിചാരഫലമായുണ്ടാകുന്ന നിശ്ചയാത്മികമായ ബുദ്ധി എന്ന് പറയുന്നത് ആ നിശ്ചയാത്മികമായ ബുദ്ധിയിൽ പിന്നെ അത് കഴിഞ്ഞ് ആ ബുദ്ധിയിൽ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അവകാശമില്ല അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതിനുള്ള നേരത്തെ പുസ്തകത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു ഇതാണ് പരമാർത്ഥമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇത് സത്യമായിരിക്കുന്നു എങ്ങനെ ഇത് അനർത്ഥമായിരിക്കുന്നു എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൽ വികല്പം വരുന്നു പക്ഷെ വിചാരാവസ്ഥയിൽ വികല്പങ്ങളെല്ലാം വരാം ഇവിടെ വിചാരാവസ്ഥയെക്കുറിച്ചല്ല പറയുന്നത് എത്രത്തോ സർവം ആത്മീയ ഭൂത്ത് ആ വിദ്യ അറിവ് അവിടെ പിന്നീട് വികല്പങ്ങൾക്ക് അവകാശം കേനുകം ബസ് ഭേദജ്ഞാനത്തിൽ അവിടെ അവകാശം ഇല്ല അതുകൊണ്ട് അദ്വൈതി ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ടാണോ ഈ പരമാർത്ഥത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് അതിന് എല്ലാ സ്ഥലത്തും ഇവിടെ മാത്രമല്ല പ്രപഞ്ചത്തെ സംബന്ധിച്ചായാലും ശരി അറിവിനെ സംബന്ധിച്ചായാലും ശരി ഈ ഭേദത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏകസ്യ പ്യാത്മനോ അവിദ്യാവൃത നാമരൂപ ഉപാധി അനുപാധികൃത വിശേഷഭ്യൂമാ അവിദ്യാകൃതം നാംരൂപ ഉപാധികൃതോ ഹി വിശേഷോ അഭ്യമ്യതയെ ആ ഒരു വിശേഷത്തെ സ്വീകരിക്കുന്നുണ്ട് അവിദ്യാകൃതമായ അത് ആണ് നമ്മളിവിടെ വിശദീകരിച്ചത് നാം രൂപ ഉപാധികളെ കൊണ്ടുവരുന്ന ആ വിശേഷം എന്ന് പറയുന്ന ആണ് ഇത് സത്യവും മിഥ്യവുമായിരിക്കുന്ന വിശേഷം അമിഥുനീകരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നുണ്ട് ദേഹാത്മബുദ്ധി തന്നെ സംഭവിച്ചിരിക്കുന്നു താൻ ദേഹത്തെ അറിയുന്നു ഇതാണ് പരമാർത്ഥം അത് വെറുതെ അറിയാൻ കഴിയത്തില്ലല്ലോ ദേഹത്തെ പരമാർത്ഥമായി അറിയണമെങ്കിൽ അവിടെ പരമാർത്ഥം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ദേഹത്തെ പരമാർത്ഥമായി അറിയുന്നു അല്ല അദ്ദേഹം പരമാർത്ഥം അല്ല എന്നറിയണമെങ്കിൽ അവിടെ മിഥ്യാത്വം ഉണ്ടായിരിക്കുന്നു അത് രണ്ടും അങ്ങനെ സംഭവിച്ചു അങ്ങനെ സംഭവിക്കാമോ അതാണ് അവിദ്യ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിക്കുന്നു സംഭവിക്കാൻ സംഭവിക്കാമെങ്കിൽ അതിന് അവിദ്യ എന്നുള്ള പേര് കൊടുക്കും അതുകൊണ്ട് വരുന്ന വിശേഷമാണ് ഈ സത്യ മിഥ്യാബോധം എന്ന് പറയുന്നത് അതിനോട് പറഞ്ഞത് അങ്ങനെ ഒരു വിശേഷത്തെ അഭ്യമ്യതയെ ഞങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ആത്മനോ ബന്ധ മോക്ഷാദി ശാസ്ത്രകൃത സംവ്യവഹാരായ പരമാർത്ഥത്തോ അനുപാധികൃതം തത്വം ഏകമേവ അദ്വിതീയം ഉപാധേയം സർവതാർക്കു അനവഗാഹ്യം അഭയം ശിവം അങ്ങനെ ഒരു തന്റെ തന്നെ ബോധത്തിൽ അറിവിൽ സംഭവിച്ചിരിക്കുന്ന വിധിനീകരണം കൊണ്ട് ഉപാധികൃതമായ ഒരവസ്ഥയും അനുപാധികമായ ഒരവസ്ഥയും തന്നെ തന്നെ സംഭവിച്ചിരിക്കുന്നുണ്ട് രണ്ടിനെ കുറിച്ചും ബോധം ഉണ്ടാകും അങ്ങനെ ബോധമുണ്ടാകുന്നുണ്ട് ആ അനടുത്ത ബുദ്ധി വരുമ്പോൾ എന്താണ് ബന്ധം ആത്മനായ ബന്ധം ആ ഉപാധിരഹിതമായ ബുദ്ധി വരുമ്പോൾ മോക്ഷം അത് പരമാർത്ഥമാണ് എന്നുള്ള ബോധം വരുമ്പോൾ അതുകൊണ്ട് ബന്ധം മോക്ഷാദി ശാസ്ത്രകൃത സംവ്യവഹാരം പറയുന്ന ഈ വ്യവഹാരങ്ങളെല്ലാം ശരി തന്നെയാണ് തന്നെയാണ് ഇത് സത്യമെന്ന് പറഞ്ഞാലും ശരിയാണ് അസത്യം പറഞ്ഞാലും ശരിയാണ് സംവ്യവഹാരം ബന്ധം എന്ന് പറയുന്നത് ശരി നമ്മുടെ അനുഭവമാണ് മോക്ഷമെന്ന് പറഞ്ഞാൽ അതും ശരി തന്നെയാണ് അണു പറയുന്നത് വ്യവഹാരത്തെ സംബന്ധിച്ചതെല്ലാം വാസ്തവമാണ് ബന്ധമോക്ഷാതി ശാസ്ത്രകൃത സംവ്യവഹാരം സമ്യക് വ്യവഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നു വ്യവഹാരം അസംബന്ധം എന്നല്ല പറയുന്നു കാരണം ശരീരബുദ്ധി നമ്മുടെ അനുഭവമാണ് എന്തുകൊണ്ടായിക്കൊള്ളട്ടെ അങ്ങനെ എനിക്കൊരനുഭവം ഇല്ല എന്ന് പറയുന്നില്ല ദൈതത്തിൽ നാമരൂപാത്മകമായ പ്രപഞ്ചത്തിന്റെ അനുഭവം എനിക്കില്ല എന്ന് പറയുന്നില്ല അത് എന്തുകൊണ്ടത് സംവ്യവഹാരമാണ് അങ്ങനെ ഒന്ന് ഇല്ല എന്ന് നിഷേധിക്കാൻ കഴിയാത്ത വ്യവഹാരമാണ് അതെങ്ങനെയാണോ ഒരു സംവ്യവഹാരമായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് മോക്ഷ വ്യവഹാരം ഇങ്ങനെ ഞാൻ പരമാർത്ഥവസ്തുവാണ് അദ്വയനാണ് സച്ചിദാനന്ദ സ്വരൂപനാണ് ഇതും നിഷേധിക്കാൻ കഴിയത്തില്ല തൻ്റെ സത്തയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് സങ്കല്പിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് ആരും നിഷേധിക്കും നിഷേധിക്കുന്നതിന് തന്നെ സത്ത വേണം തന്റെ സത്തേടെ നിരാകരണം സാധ്യമല്ല അതുകൊണ്ട് സത്തയെ സംബന്ധിച്ചുള്ള വ്യവഹാരം എങ്ങനെയാണോ അന്നർത്ഥത്തെ സംബന്ധിച്ചുള്ള വ്യവഹാരം തനിക്ക് നിഷേധിക്കാൻ കഴിയാത്തത് എനിക്ക് നാമരൂപാത്മകമായ പ്രപഞ്ചാനുഭവം ഇല്ല എന്ന് നിഷേധിക്കാൻ പറ്റുന്നില്ല അതുപോലെ തൻ സത് സ്വരൂപനാണ് പരമാർത്ഥസ്വരൂപനാണ് എന്നതും നിഷേധിക്കാൻ പറ്റില്ല അത് ഏത് ഈ വകല്പങ്ങളെല്ലാം മാറി മനനമെല്ലാം മാറി നിശ്ചയാത്മകമായ അവർ ബോധത്തിലെത്തിയ ഒരുവനെ സംബന്ധിച്ചല്ലോ പറയുന്ന ആർക്കും വ്യവഹാരം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ് തത്വജ്ഞാനിക്കും അജ്ഞാനിക്കും എല്ലാം എന്തുകൊണ്ട് പശുവാദിവിശ വിശേഷ ഒന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മസൂത്രത്തിൽ വ്യവഹാരത്തിന്റെ നിലയിലൊരു മാറ്റമുണ്ട് വ്യവഹാരത്തിന്റെ നിലയിൽ എന്തെങ്കിലും മാറ്റത്തെ കൊണ്ടുവരുന്നതല്ല ആധ്യാത്മിക അതൊക്കെ ലോകത്തിൻ്റെ ലോകത്തിനനുസരിച്ച് ലോകഹിതത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോർക്കും ഇഷ്ടമുള്ള മാറ്റങ്ങളെ കൊണ്ടുവരാൻ അവരവരില്ല പക്ഷേ തത്വജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യവഹാരത്തിൽ മാറ്റമില്ല അജ്ഞന്റെ വ്യവഹാരവും ജ്ഞാനിയുടെ വ്യവഹാരവും അങ്ങനെ രണ്ട് വ്യവഹാരങ്ങളുണ്ട് എന്താണ് രണ്ടും സംവ്യവഹാരമാണ് രണ്ടും ഒരേപോലെയുള്ള പക്ഷേ അതിന്റെ പിന്നിലൊന്നുണ്ടെന്താണ് അവിദ്യ അവിദ്യയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ബന്ധമോക്ഷാദി കൃതശാസ്ത്ര സംവഹാരായ പക്ഷെ അതിൽ തന്നെ എന്താണ് പരമാർത്ഥതോ അനുപാധികൃതം ച തത്വം ഏകമേവ അതിഥിയും ഉപാധിയും വിവേകത്തിന്റെ ആവശ്യം എന്തുകൊണ്ട് വന്നു രണ്ടു വ്യവഹാരവും നിഷേധിക്കാൻ പറയുന്നു ഇതിലൊരു പരമാർത്ഥമുണ്ട് ഇതിലൊരു സത്യമുണ്ട് ഒരു അനർഥമുണ്ട് അതിൻ്റെ മിഥിനീകരണം സംഭവിച്ചിട്ട് ഒരു വസ്തുവിനെ തന്നെ തനിക്ക് സത്യമായും തോന്നുന്നു അനർത്ഥമായും തോന്നുന്നു എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ഞാൻ തന്നെ പറയുന്നു ഇതാ ഈ വസ്തു ഇത് സത്താണ് ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെ അറിഞ്ഞുകൊണ്ട് ഇതിനെ വ്യവഹരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് സത്താണ് ആ സത്യം എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇത് എന്റെ മുമ്പിൽ തന്നെ എന്താണ് ഇത് ഏതെങ്കിലും തരത്തിൽ ഇതിന് നാശം സംഭവിക്കുമ്പോൾ ഞാൻ പറയുന്നെന്താണിത് അസത്താണ് നശിച്ചു പോകുന്നതാണ് ഇത് സ്ഥായിയല്ല രണ്ടും ഈ വസ്തുവിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇതിന്റെ അസ്തിത്വത്തെ ഞാൻ അറിയുമ്പോൾ എനിക്കിത് നിഷേധിക്കാൻ എന്തെങ്കിലും യാതൊന്നുമില്ല ഇതമസ്തി ഞാൻ പറയുന്നത് ഇതിവിടെയുണ്ട് ഈ വസ്തു എൻ്റെ അനുഭവത്തിന് വിഷയമായിരിക്കുമ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന അസ്തിത്വത്തെ നിഷേധിക്കുന്നതിന് എൻ്റെ കയ്യിലൊന്നുമില്ല മറിച്ച് എനിക്കെപ്പോഴും പറയേണ്ടി വരും ഇതമസ്തി അസ്ഥി അസ്തിത്വത്തെ എനിക്ക് എപ്പോഴും ഉറപ്പിക്കേണ്ടി വരും അതേസമയം അതേ ഞാൻ അസ്തിത്വത്തെ ഉറപ്പിച്ചിരിക്കുന്ന ഈ വസ്തു എനിക്കൊരിക്കലും അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയാത്ത ഈ വസ്തു ഈ വസ്തുവിനെ ഞാൻ പറയുന്നത് അനുഭവമാണ് അതായത് നശിച്ചുപോയി എന്നെ കത്തിച്ചു കളഞ്ഞു കീറിപ്പോയി നശിച്ചുപോയി അപ്പോൾ അതിൻ്റെ അസത്യത്തെയും ഞാൻ ബോധിക്കുന്നു അപ്പോൾ അവിടെ ചിന്തിക്കുന്നു എന്താ ഈ അസ്തിത്വം എനിക്ക് നിഷേധിക്കാൻ കഴിയാത്ത അസ്തിത്വം അത് ഇതിൽ ആധാരമായിരിക്കുന്ന ആ പരമാർത്ഥത എന്താ എനിക്ക് നിഷേധിക്കാൻ കഴിയുന്നത് ഇത് പോയി എന്താ ഇവിടെ നഷ്ടപ്പെട്ടത് ഈ രൂപവും ഇതിന് ഞാൻ കൊടുത്ത നാമവും അല്ല ഇത് ചാരമായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പുസ്തകമെന്നുള്ള നാമമില്ല പുസ്തകമെന്ന് പറയുന്ന രൂപവുമില്ല അതിനാണ് ഞാൻ പറയുന്നത് നാശം നശിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ഇത് രണ്ടും ഇവിടെ ഒരു സ്ഥലത്ത് എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു തന്നെ രണ്ടും ഞാൻ അനുഭവിക്കുന്ന സത്യവും അനുധവും ഇതാണ് മിഥുനീകരണം ഈ മിഥിനീകരണത്തെ നിന്ന് എന്ത് ചെയ്യുന്നു തത്വം അദ്വിതീയം ഉപാധേയം വിവേകി ആ ഏകമേവ അദ്വിതീയം എന്ന് പറയുന്ന തത്വത്തെ ഏകമേവ അദ്വിതീയം എന്ന് പറയുന്നത് എന്തിനെ പറയുന്നത് ഈ പ്രപഞ്ചത്തെ നോക്കിട്ട് പറയുക ഈ പ്രപഞ്ചത്തിലെ നാമരൂപ ഉപാധികളെ തന്റെ വിവേകം കൊണ്ട് വിവേകബുദ്ധി കൊണ്ട് തിരസ്കരിച്ചിട്ട് പറയുകയാണ് എന്താണ് ഏകമേവാദിതീയം അവിവേകം പറയുന്നത് ഞാൻ ഇതിൽ നിന്ന് ഗ്രഹിക്കുന്ന ഇതാണ് മറ്റേതാണ് അത് അനർത്ഥമാണ് നാം ഒരു അത് പരിശോധിച്ച് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി അത് പോകുന്നതാണ് നിൽക്കുന്നതല്ല അത് നമുക്ക് കത്തിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് അസത്യമാണെന്ന് ബോധ്യപ്പെടുന്നതാണ് പിന്നെ എന്താണ് ഇതിനുള്ള ഏകമേവ അദ്വിതീയം ആ സത്ത ആ ഉണ്മ നിങ്ങൾ ഗീതയിൽ ചർച്ച ചെയ്തിട്ടോ അത് സർവത്ര അനുസരിതമായിരിക്കുന്നു അങ്ങനെ മനനത്തിലൂടെ ആ ഏകത്വത്തെ ബോധിക്കുന്നു അതാണ് ഗ്രഹിക്കേണ്ടത് അർത്ഥം പക്ഷെ പറയുന്നു എന്താണത് പറയുന്നത് ശരിയാണ് പക്ഷെ ഞാനങ്ങനെ എത്ര അങ്ങോട്ട് ചിന്തിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്ന് പറയും പറയുന്നു അത് അതിശയമില്ല എന്തുകൊണ്ട് ഇത് യുക്തി കൊണ്ട് മനനയുക്തി തന്നെയാണ് പക്ഷെ അത് തത്വ അധിഷ്ഠിതമായ മനനമായിരിക്കണം തത്വനിഷ്ഠമായ യുക്തി വേണം പ്രയോഗിക്കേണ്ടത് ഇരുന്നിട്ടേ കാലം നീട്ടാകും എന്ന് പറയൂ ഇരിക്കാതെ കാലം നീട്ടിക്കഴിഞ്ഞാൽ വീണ് പോവും എന്തിനു യുക്തി ഉപയോഗിക്കുന്നത് ഇതിലെ സത്യത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോലീസുകാരും മറ്റും അന്വേഷണം നടത്തുമ്പോൾ എന്തിനാണ് അവരന്വേഷണം നടത്തുന്നത് അവർക്കെന്താണ് അതിനുള്ള കള്ളത്തരം ഒന്ന് കണ്ടുപിടിക്കണം അതിലൊരു സത്യമുണ്ട് ആ സത്യത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പലതരത്തിലന്വേഷണം നടത്തുന്നു അപ്പോൾ മനസ്സിലെന്താണ് സത്യത്തിലുള്ള ആസ്ഥ വെച്ചുകൊണ്ടാണ് അന്വേഷണങ്ങളെല്ലാം നടത്തുന്നത് സത്യമുണ്ട് അതിനകത്ത് അത് അവിടെ എത്തിച്ചേരണം അപ്പോൾ അനർഥം അസത്യത്തിലുള്ള ആസ്ഥ വെച്ചുകൊണ്ടല്ല അയാൾ അന്വേഷണം നടത്തുന്നത് പോലീസിന്റെ കാര്യം പറയു മറിച്ച് സത്യത്തിലുള്ള ആസ്ഥ വെച്ചുകൊണ്ടാണ് വിശ്വാസം വെച്ചുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നാലേ സത്യത്തെ കണ്ടെത്താൻ പറ്റൂ ഇവിടെ ഇവിടെ എന്താണ് തത്വവിചാരമാണ് ഇതിന്റെ തത്വം അറിയണം അപ്പം അനർഥത്തിൽ ആസ്ഥ വെച്ചുകൊണ്ടാണ് അന്വേഷിക്കണമെങ്കിൽ സത്യത്തെ കണ്ടെത്താൻ പറ്റത്തില്ല അപ്പൊ സത്യത്തിൽ സത്യം കണ്ടെത്തണം എന്നുള്ള സത്യബുദ്ധിയെ പിന്തുടർന്നുകൊണ്ടാണ് ഈ അനന്തത്തിൽ അന്വേഷണം നടത്തുന്നത് കാരണം അന്വേഷണം മനനം അവിദ്യ ആസ്വദിച്ചുകൊണ്ടാണ് അവിദ്യ ആസ്വദിക്കേണ്ടി വരുന്നത് പക്ഷേ നിഷ്ഠ എവിടെ അവിദ്യയിലല്ല തത്വത്തിൽ അതുകൊണ്ടല്ലേ പറയുന്നത് സത്യത്തെ അറിയാൻ വേണ്ടി ഞാൻ അന്വേഷിക്കുന്നു നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങളുടെ അന്വേഷണത്തിനുള്ള ഉപായം എന്താണ് അത് അവിദ്യയാണ് താർക്കികനെ സംബന്ധിച്ച് എന്താണ് തത്വത്തെ സ്വീകരിക്കുന്നില്ല സത്യത്തെ സ്വീകരിക്കുന്നില്ല അവിദ്യയിലാണ് അന്വേഷണം മുഴുവൻ പോകുന്നത് പറയാറില്ലേ അയാൾക്ക് സത്യം എന്താണെന്ന് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ അന്വേഷണം നടത്തുന്നുണ്ട് ഒരിടത്തും അത്രത്തില്ല അന്വേഷണം അപ്പം മനനം സത്യനിഷ്ഠമല്ല സത്യോന്മുഖമല്ല എന്നുണ്ടെങ്കിൽ അത് കേവല തർക്കമായിപ്പോകും അതിന് താർക്കിക ബുദ്ധി എന്ന് പറയും അപ്പൊ പരമാർത്ഥത്തെ കണ്ടെത്തിയാൽ അതിനെ വിടരുത് അതിനെ പിടിക്കണം അതിനെ തുടർന്നുകൊണ്ട് മനനത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കണം ഇതാണ് നമ്മൾ പറയുന്ന ആത്മനിഷ്ഠമായ മനനം അന്തർമുഖമായ മനനം മറിച്ചുള്ളത് എന്താണ് താർക്കിക ബുദ്ധിയാണ് പറയുന്നു സർവ താർക്കിക ബുദ്ധി അനവഗാഹ്യം താർക്കിക ബുദ്ധിയൊക്കെ ഒന്നും ഇത് പിടികിട്ടത്തില്ല അങ്ങനെ അഭയം പറയുന്നു തർക്കത്തിന് ഉള്ളൊരു സ്വഭാവം എന്താണ് അപ്രതിഷ്ഠ ചിത്രത്തിന് വിശ്രാന്തി ഉണ്ടാകത്തില്ല മതി വരത്തില്ല തർക്കിച്ച് നമ്മൾ സാധാരണ വാദപ്രതിവാദത്തിൽ ഏർപ്പെടുന്നുമല്ല ഒരു തീരുമാനത്തിലും എത്താൻ പറ്റില്ല അവസാനം അടിച്ച് അവസാനിപ്പിക്കും അല്ലെങ്കിൽ ചീത്ത പറഞ്ഞ് അവസാനിപ്പിക്കും എന്തുകൊണ്ടവിടെ ചിത്തവിശ്രാന്തി ഉണ്ടാകുന്നില്ല ചിത്തവിശ്രാന്തിയുടെ സത്യത്തിൽ എത്തിയാൽ ചിത്തവിശ്രാന്തി ഉണ്ടാവും ആ ചിത്തവിശ്രാന്തി അതാണ് അഭയം ഇതിനൊരു പ്രയോജനം വേണ്ട അവിടെ അവസാനം ചീച്ചപൊളിയും അടിയൊന്നുമില്ല എന്തുകൊണ്ടാണ് അത് ശിവം മംഗളമാണ് അമംഗളമായൊന്നും സംഭവിക്കത്തില്ല വിചാരത്തിൽ നമ്മൾ വിചാരം ചെയ്ത് അവസാനം കത്തിക്കുത്തിൽ കലാശിക്കുകയാണെങ്കിൽ അത് എന്തോ തകരാറുണ്ട് എന്നുവെച്ചാൽ പരസ്പരം പോരടിച്ച് പിരിയണെങ്കിൽ അത് വിചാരമല്ല മറിച്ച് വിചാരം എങ്ങനെ അത് സസ്യോന്മുഖമായിരിക്കണം ആത്മനിഷ്ഠമായിരിക്കണം അന്തർമുഖമായിരിക്കണം അങ്ങനെ വരുമ്പോൾ അത് ഇവിടെ പറയുന്നു അഭയം ശിവം ഇഷ്യതേ അങ്ങനെ അഭയം ശിവം അതാണ് ഇച്ഛിക്കുന്നത് അതാണ് താല്പര്യപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു മനണമാണ് ഇവിടെ അദ്വൈതി ആഗ്രഹിക്കുന്നത് തൻ്റെ ചിത്രത്തിന് വിശ്രാന്തി കിട്ടുന്നു സ്വസ്ഥത കിട്ടുന്നു പരമാർത്ഥത്തിൽ എത്തിച്ചേരുന്ന അമ്മൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണവിടെ ആ ബോധത്തിൽ ആ ബോധത്തിന്റെ ദാർഢ്യത്തിൽ അല്ലെങ്കിൽ ആ ബോധത്തിന്റെ വിശുദ്ധിയിൽ ഈ പറയുന്ന സാഖ്യന്മാരോ അല്ലെങ്കിൽ നൈയായികന്മാരോ പറയുന്ന ഭേദബുദ്ധിക്കെന്നവിടെ നിലനിൽപ്പില് ഇന്നത്തെ അത്ര കർത്തൃത്വം ഭോക്തൃത്വം അവിടെ കർത്തൃത്വ ഭോക്തൃത്വം അതികൾക്കൊന്നും നിലനിൽപ്പില്ല ക്രിയാകാരക ഫലം നിങ്ങൾ പറയുന്ന ക്രിയാകാരക ഫലങ്ങൾ നിൽക്കുന്നില്ല എന്തുകൊണ്ട് അദ്വൈതത്വ സർവ്വഭാവാന അതാണ് ഇവിടെ മുഖ്യം മുമ്പ് പറഞ്ഞല്ലോ ഒരു മിഥിനീകരണം കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് സത്യവും അനടുത്തു പക്ഷേ സത്യബുദ്ധി കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു സർവഭാവങ്ങളെയും അദ്വൈതമായി കാണും സർവഭാവങ്ങളിലെയും ഭാവങ്ങളിൽ നിൽക്കുന്ന വസ്തുക്കൾ പദാർത്ഥങ്ങൾ അതിലെ അദ്വൈത തത്വത്തെ അവൻ ഗ്രഹിക്കുന്നു അങ്ങനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ അവനെ സംബന്ധിച്ചെന്താണോ സർവവും അദ്വൈതം തന്നെയാണ് പറയുന്നത് സർവേഷാം കർത്തൃത്വാദിഭാവാനാം അദ്വിതീയ ആത്മരൂപത്വ നിങ്ങളെ കർത്തൃത്വം ഉണ്ട് ഭോക്തൃത്വം ഇല്ല അല്ല ഭോക്തൃത്വം ഉണ്ട് കർത്തൃത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളും തർക്കിക്കുന്നുണ്ടെന്ന് പറയുന്നു ഇതെല്ലാം അദ്വൈതമാണ് ഇതിനെല്ലാം അദ്വൈതമായി ഗ്രഹിച്ചാൽ മതി അദ്വൈതമാണെങ്കിൽ അതിനങ്ങനെ അങ്ങനെ ഗ്രഹിക്കാൻ പറ്റും ഇത് പുസ്തകമായതുകൊണ്ട് ഞാനിതിനെ പുസ്തകമായി വിഗ്രഹിക്കും ഈ കാണുന്ന ഭാവങ്ങളെല്ലാം കർത്തൃത്വഭോക്തൃത്വാദികൾ ഞാൻ സർവേഷം കർത്തൃത്വാദി ഭാവാനാണ് അദ്വിതീയ ആത്മരൂപത്വ എല്ലാം അദ്വിതീയമായ ആത്മാവാണി എന്ന് ബോധിക്കുക അത് ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കർത്തൃത്വം ഉണ്ടോ ഇല്ലയോ ഭോക്തൃത്വം ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അതെവിടെയാണ് ഇരിക്കുന്നത് എവിടെയാണ് ഇല്ലാത്തതെന്നെല്ലാം ചിന്തിക്കുന്നു അതാണ് മുമ്പ് പറഞ്ഞത് ആ വിചാരത്തിൽ ഇതെല്ലാം കടന്നു വരുന്നു നിശ്ചയത്തിലാണെങ്കിലോ സർവഭാവാനാം അദ്വൈതത്വ സർവഭാവങ്ങളും ഏകമായ ആത്മസ്വരൂപം തന്നെ